ം ഒൻപത് യലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത് നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗലയാദിലെ രാമത്തിലേക്ക് പോകാം അവിടെ ശേഷം നിംഷിയുടെ മകനായ യഹോ ഷഫാത്തിന്റെ മകൻ യേഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്തു അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകാം പിന്നെ തൈലപാത്രമെടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോരുക അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലയാദിലെ രാമോട്ടിലേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു നായക എനിക്ക് നിന്നോട് ഒരു കാര്യമറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോടെന്ന് യേഹു ചോദിച്ചു നിന്നോട് തന്നെ നായക എന്നവൻ ഉത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ യഹോവിയുടെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവിയുടെ സകലദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനായ ആഹാബിന്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം ആഹാബ് ഗ്രഹം അശേഷം മുടിഞ്ഞു പോകണം േലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയെ ഒക്കെയും ഞാൻ ഛേദിച്ചു കളയും ഞാൻ ആഹാബ് ഗ്രഹത്തെ നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബയശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും ഇസബേലിനെ ഇസ്രയേൽ പ്രദേശത്തുവച്ച് നായ്ക്കൾ തിന്നുകളയും അവളെ അടക്കം ചെയ്യുവാൻ ആരുമുണ്ടാകയില്ല പിന്നെ അവൻ വാതിൽ തുറന്ന് പൊടിപ്പോയി യേഹു തന്റെ യജമാനന്റെ വൃത്യന്മാരുടെ അടുക്കൽ പുറത്തുവന്നപ്പോൾ ഒരുത്തൻ അവനോട് എന്താകുന്നു ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നാദിയായി ഇന്ന കാര്യങ്ങൾ അവനോട് സംസാരിച്ചു എന്നു പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു കാഹളമൂതി യേഹു രാജാവായി എന്നു പറഞ്ഞു അങ്ങനെ നിംഷിയുടെ മകനായ യഹോഷഫാത്തിന്റെ മകൻ യേഹു യോരാമിന് വിരോധമായി യോരാമോ എല്ലാ ഇസ്രയേലും അരാം രാജാവായ ഹസായേൽ നിമിത്തം ഗിലയാതിലെ രാമൂത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമ്യർ തനിക്കേൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രയേലിൽ വച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു എന്നാൽ യേഹു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രയേലിൽ ചെന്ന് ഇതറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ യേഹു രഥം കയറി ഇസ്രയേലിലേക്ക് പോയി യോരാം അവിടെ കിടക്കുകയായിരുന്നു യോരാമിനെ കാൺമാൻ യഹൂദ രാജാവായ അഹസിയാവും അവിടെ വന്നിരുന്നു ഇസ്രയേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു അവൻ യേഹുവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോരാം നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റു ചെന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്ക് എന്തു കാര്യം തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്നറിയിച്ചു അവൻ മറ്റൊരു തന്നെ അവനും അവരുടെ അടുക്കൽ ചെന്നു സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്നു പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്കെന്തു കാര്യം തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹു ഓടിക്കുന്നതുപോലെ ഇരിക്കുന്നു ഭ്രാന്തനെപ്പോലെയല്ലോ അവൻ ഓടിച്ചുവരുന്നത് എന്ന് പറഞ്ഞു ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു രഥം പൂട്ടിയ ശേഷം ഇസ്രയേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസിയാവും താന്താന്റെ രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു ഇസ്രയേലിയനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെതിരേറ്റു യേഹുവിനെ കണ്ടപ്പോൾ യോരാം യേഹുവെ സമാധാനമോ എന്ന് ചോദിച്ചു അതിന് യേഹു നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്തു സമാധാനം എന്ന് പറഞ്ഞു അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഹസ്യാവോട് അഹസ്യാവേ ഇത് ദ്രോഹം എന്നു പറഞ്ഞു യേഹു വില്ലുകുലച്ച് യോരാമിനെ കുജങ്ങളുടെ നടുവെ എയ്തു അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞ് മറുപറം കടന്നു അവൻ രഥത്തിൽ ചുരുണ്ടുവീണു യേഹു തന്റെ പടനായകനായ വിത്കാരോട് പറഞ്ഞത് അവനെ എടുത്ത് ഇസ്രയേലിയനായ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞുകളകാം ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറിപ്പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്ന സത്യം എന്ന് യഹോവ അരുളി ചെയ്യുന്നു ഈ നിലത്തുവച്ച് ഞാൻ നിനക്കു പകരം വീട്ടുമെന്നും യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക അവനെ എടുത്ത് യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ റിഞ്ഞുകളക യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി യേഹു അവനെ പിന്തുടർന്നു അവനെയും രഥത്തിൽ വെട്ടിക്കളവേൻ എന്ന് കൽപ്പിച്ചു അവർ ഇബ്രയാമിന് സമീപത്തുള്ള ഗോർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി അവൻ മെഗീദോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് യെരുശിലെമിലേക്ക് കൊണ്ടുപോയി ദാവിദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു ആഹാബിന്റെ മകനായ യോരാമിന്റെ പതിനൊന്നാം ആണ്ടിൽ ആയിരുന്നു അഹസ്യാവ് യഹൂദയിൽ രാജാവായത് യേഹു ഇസ്രയേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷിയെഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിക്കൽ കൂടി നോക്കി യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ സിംറിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു അവൻ തന്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാറെ രണ്ടു മൂന്ന് ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവീൻ എന്നവൻ കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു അവളെ ചവിട്ടിക്കളഞ്ഞു അവൻ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യും അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു അവർ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവർ മടങ്ങിവന്നവനോട് അതറിയിച്ചു അപ്പോൾ അവൻ ഇസ്രയേൽ പ്രദേശത്തു വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയും അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാത്തവണ്ണം ഇസബേലിന്റെ പിണം ഇസ്രയേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകും എന്നിങ്ങനെ യഹോവ തിഷ്യനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു